സദാ സ്ഥിത് മനോനശ്യോകിന് വാസനാ സ്വാധ്യസ അപനയുരുവേച്ചോടാമി വാസനക്ഷയ തന്നെ മോക്ഷം ൾ എങ്ങനെ ക്ഷയിക്കും സ്വസ്വരൂപം തെളിഞ്ഞുവരുമ്പോറും വാസനാക്ഷയം ഉണ്ടാകും നമ്മളുടെ സ്വരൂപസ്ഥിതി വാസനകളെ ക്ഷയിപ്പിക്കും അതാണ് സ്വസ്മിൻ സദാ സ്ഥിതിവാ മനോനശ്യതി യോഗിന തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ എപ്പോഴും നിൽക്കുകയാണെങ്കിൽ യോഗിയുടെ മനസ്സ് ക്ഷയിക്കും ഇല്ലാതായിത്തീരും വാസനകളും ഇല്ലാതായിട്ട് അപ്പൊ സ്വരൂപസ്ഥിതി എങ്ങനെ ഉണ്ടാവും സ്വ അധ്യാസ അപനയം കുരുകുന്നു അധ്യാസ നിരാകരണം ചെയ്യൂ അധ്യാസം എന്ന് വെച്ചാൽ എന്താണ് ഒന്നിൽ മറ്റൊന്ന് തോന്നുക അതാണ് അധ്യാസം രാത്രി കുറച്ച് വെളിച്ചമുള്ളപ്പോ എന്തോ വളഞ്ഞു കടക്കുന്നത് കണ്ടു പാമ്പാണെന്ന് വിചാരിച്ചു ബഹളം കൂട്ടി ആളുകളൊക്കെ വടിയും കൊണ്ടുവന്നു കടിച്ചു എന്ന് വേറെ പറഞ്ഞു പടമെടുത്തു ലൈറ്റ് അടിച്ചു നോക്കുമ്പോ തലേദിവസം നടന്നുപോയ ആരുടെയോ തലയിൽ നിന്നും വീണ പൂമാലയാണെന്ന് ലും മലർമാല നാഗമാമോ നല്ല പുഷ്പം സുഗന്ധ പുഷ്പം അത് കണ്ടിട്ട് പാമ്പെന്ന് ധരിച്ചു പുഷ്പമാലയെ കണ്ടിട്ട് നലമിയലും മലർമാല നാഗമാമോ അല്ലൊരു മലർമാലയെ കണ്ടിട്ട് പാമ്പെന്ന് ധരിച്ചു അതുകൊണ്ട് പാമ്പായിട്ട് തീരുവോ അത് കടിക്കോ പിന്നെ എന്തുകൊണ്ട് അതിലങ്ങനെ തോന്നി അജ്ഞാനം കൊണ്ട് മന്ദാന്ധകാരത്തിൽ പൂർണ്ണ അന്ധകാരമാണെങ്കിൽ ഒന്നും കാണില്ല അല്പം അറിവാണ് അപകടം അൽപജ്ഞാനം കൊണ്ട് കയറിനെ പാമ്പായിട്ട് കരുതി മാലയെ പാമ്പായിട്ട് കരുതി അതിന്റെ ദുഃഖം അനുഭവിച്ചു അതുപോലെ ആത്മാവിനെ അനാത്മാവായിട്ട് കരുതുന്നതിന് പേരാണ് അധ്യാസം എന്നെ ഞാനല്ലാത്ത വസ്തുക്കളൊക്കെയായിട്ട് കരുതുക അതിന് പേരാണ് അധ്യാസം ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്ററായപ്പോ ഒരു ഭ്രാന്താശുപത്രി സന്ദർശിച്ചു അത്ര അന്ന് ധാരാളം പേര് ഞങ്ങൾ ജവഹർലാൽ നെഹ്റു ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടായിരുന്നുവെന്നാണ് അവരൊക്കെ ഞങ്ങൾ ജവഹർലാൽ നെഹ്റു ആണെന്ന് പറയുന്നു അവർക്ക് അങ്ങനെ ഒരു സൂക്കേട് അപ്പൊ ഒരു ഭ്രാന്തനെ സൂക്കേട് മാറിയിട്ട് റിലീസ് ചെയ്യാണ് ആ കർമ്മം നെഹ്റു ചെയ്തു അയാൾക്ക് ഷേഖാൻഡൊക്കെ കൊടുത്തു അയാളുടെ പേരെന്താണെന്നൊക്കെ ചോദിച്ചു നെഹ്റു അയാളുടെ പേരൊക്കെ പറഞ്ഞു അയാൾക്ക് ജവഹർലാൽ നെഹ്റുവിനെ കണ്ടിട്ടില്ല അയാൾ നെഹ്റുവിനോട് തിരിച്ചു ചോദിച്ചു നിങ്ങളാരാണ് അപ്പൊ ഞാൻ ജവഹർലാൽ നെഹ്റു ആണെന്ന് ഞാനും ഇങ്ങനെ തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചു കഴിഞ്ഞാൽ ശരിയാവും തന്നെ മറ്റൊന്നായിട്ട് തോന്നാം താൻ അല്ലാത്തത് തനാ താനായിട്ട് തോന്നാം അനാത്മചിന്തണം അപ്പൊ തന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്തണമെങ്കിൽ താൻ അല്ലാത്തതിനെ നിരാകരിക്കണം അതിന് പേരാണ് അധ്യാസ നിരാകരണം എന്ന് പറഞ്ഞു സ്വ അധ്യാസ അപനയം കുരു എന്ന് പറഞ്ഞു അധ്യാസത്തിനെ വിലക്കൂ അധ്യാസം മാറ്റും സ്വരൂപം അറിയാത്തതുകൊണ്ട് ഞാൻ ആരാണെന്നറിയാത്തതുകൊണ്ട് ഞാനല്ലാത്തതൊക്കെ ഞാനായിട്ട് കരുതുന്നു ദേഹം ഞാനാണ് മനസ്സ് ഞാനാണ് ബുദ്ധി ഞാനാണ് അഹങ്കാരം ഞാനാണ് എന്നെ ഞാൻ അങ്ങനെ കരുതുന്നു അതുകൊണ്ട് മറ്റുള്ളവരെയും അങ്ങനെ തന്നെ കരുതുന്നു നമ്മളെ ചർച്ച ചെയ്യുന്നതും അങ്ങനെ തന്നെ അപ്പൊ മറ്റുള്ളവരെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എന്താ അവരെ ശരീരമായി കരുതിക്കൊണ്ടും അവരുടെ കർമ്മങ്ങളെക്കുറിച്ചും അതിന്റെ നന്മതിന്മകളെക്കുറിച്ചും വലിയ വലിയ പാഠങ്ങളൊക്കെ നമ്മൾ പറയും മൊത്തത്തിൽ അവിദ്യാമയം അവിടെ ബേസിക് ഫോൾട്ട് എവിടെ വന്നു എന്നെ ഞാൻ കരുതിയതിൽ തന്നെ പ്രൈമൽ ഇഗ്നറൻസ് മൂലാവിദ്യ എന്റെ സ്വരൂപം എന്താണെന്ന് തന്നെ എനിക്ക് പിടികിട്ടിയില്ല ശരീരമാണ് ഞാൻ മനസ്സാണ് ഞാൻ ബുദ്ധിയാണ് ഞാൻ അഹങ്കാരമാണ് ഞാൻ എന്ന് കരുതിയതുകൊണ്ട് പുണ്യം പാപം സുഖം ദുഃഖം അതിൽ നിന്ന് നിവൃത്തിയാവാൻ മന്ത്രം തീർത്ഥയാത്ര വേദാധ്യയനം യജ്ഞങ്ങൾ യാഗങ്ങൾ കാരണമെന്താ ഈ പുണ്യപാപങ്ങളുടെ ഭോക്താവാണ് ഞാൻ കർത്താവാണ് ഞാൻ അതിനെ ഒക്കെ നിരാകരിച്ചതാണ് ന പുണ്യം നാപം നൗഖ്യം നുഃഖം നന്ത്രോ നീർത്ഥം നേദ നജ്ഞാ അഹം ഭോജനം നൈവോജ്യം നോക്ത ചിദാനന്ദ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപമായ ശിവമാണ് ഞാൻ ദേഹം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല അഹങ്കാരം ഞാനല്ലാഹം ദേഹ നമേ ദേഹ നിജബോധോഹമവ്യയാണ് ഞാൻ ദേഹമല്ല എനിക്ക് ദേഹമില്ല ആദ്യം പറഞ്ഞത് വീണ്ടും വീണ്ടും ഓർമ്മിച്ചോളം ദേഹം ഞാനല്ല ദേഹം എന്റെയല്ല ദേഹം എനിക്ക് വേണ്ടിയല്ല ഈ മൂന്നെണ്ണം നല്ലവണ്ണം തെളിഞ്ഞാൽ നമ്മളുടെ സ്വരൂപം തനിയ പ്രകാശിക്കണം അതിനെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല അവിദ്യ മൂന്ന് ബ്രാഞ്ചിൽ നിൽക്കുകയാണ് ദേഹം ഞാനാണ് ദേഹം എന്റെയാണ് ദേഹം എനിക്ക് വേണ്ടിയാണ് ഡീപ്പ് റൂട്ടഡ് നമ്മളുടെ വർത്തമാനങ്ങളും ചിന്തകളും ഒക്കെ ഈ ബേസിക് ഇഗ്നോറൻസിലാണ് ഇത് വലകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്തു നോക്കും ദേഹത്തിനും എനിക്കും ഒരുപാട് വ്യത്യാസം ദേഹത്തിന്റെ സ്വഭാവം തന്നെ മരണമാണ് എന്റെ സ്വഭാവം തന്നെ അമൃതമാണ് ദേഹത്തിന്റെ സ്വഭാവം തന്നെ അശുദ്ധിയാണ് എന്റെ സ്വഭാവം പരമപരിശുദ്ധിയാണ് ദേഹത്തിന് അനേക ഭേദങ്ങളുണ്ട് എനിക്ക് യാതൊരു ഭേദമില്ല ദേഹത്തിന് അച്ഛൻ അമ്മ ഇതൊക്കെ ഉണ്ട് എനിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല ദേഹത്തിന് ബന്ധുക്കൾ മിത്രം കൂട്ടുകാരും ഒക്കെ ഉണ്ട് എനിക്ക് ബന്ധുക്കൾ ആരുമില്ല കൂട്ടുകാരും ഇല്ല ഞാനല്ലാതെ ഇവിടെ മറ്റൊരു വസ്തുല്ല രണ്ടും തികച്ചും വ്യത്യസ്തമാണ് സ്വഭാവം ശരീരം ശരീരത്തിന്റെ മണ്ഡലത്തിൽ മൃത്യുവിനെ ഒഴിവാക്കാൻ ആർക്കും സാധ്യമല്ല നമേ മൃത്യുശങ്ക എനിക്ക് മൃത്യുവിനെക്കുറിച്ചുള്ള ശങ്കയേ ഇല്ല നമുക്കൊന്നുമില്ല അല്ലെ എത്ര പേരെയാണ് നമ്മൾ ശ്മശാനത്തിൽ കൊണ്ടുപോയി എരിച്ചിട്ട് വന്നിട്ടുള്ളത് എന്നിട്ട് ആർക്കും തോന്നണില്ല നമുക്ക് മൃത്യു വരും എന്നും എത്ര വയസ്സായ ആളായാണെങ്കിലും അപ്പോ എന്തുകൊണ്ടും തോന്നണില്ല നമ്മളുടെ ഉള്ളിൽ ഒന്നിരുന്നു കൊണ്ട് അമൃത അമൃതത്വത്തിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ നിത്യനിരന്തരാനുഭവം അമൃതമാണ് പക്ഷെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് എനിക്ക് മരണമില്ല എന്ന് കരുതുമ്പോ അത് അജ്ഞാനമായിട്ട് മാറും പക്ഷെ ഉള്ളില് അമൃതാനുഭവം എല്ലാവർക്കും ഉണ്ട് മൃത്യുശങ്ക ആർക്കുമില്ല തോന്നണേയില്ല അവർക്ക് മൃത്യുണ്ടെന്ന് തോന്നണേയില്ല നമേ മൃത്യുശങ്ക നമേ ജാതിഭേദ ജാതിഭേദം ലോകത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കുറെയായി ചർച്ചയും ബഹളം കൂട്ടലും എന്നിട്ട് ജാതി പോയോ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നുള്ള ജാതി വേണമെങ്കിൽ പോകും പിന്നെയും കമ്മ്യൂണിസ്റ്റാണ് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് അടിക്കും അല്ലെങ്കിൽ പണക്കാരാണ് പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് ശണ്ടകൂടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞ് ആളുകൾ അടി ഇതിൽ നിന്ന് തെളിയുന്നത് എന്താ ശരീരം ഉള്ളത്തോളം കാലം ശരീരം ഞാനാണെന്ന് കരുതുന്നിടത്തോളം കാലം ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിൽക്കാതിരിക്കാൻ പറ്റില്ല അത് ഈ ചാതുർവർണ്ണയം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരണം വിവേകാനന്ദ സ്വാമി കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷേ അതേ വിവേകാനന്ദ സ്വാമി മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു ഭാരതത്തിലെ ചാതുർവർണ്ണയ വ്യവസ്ഥിതി പോലെ സുന്ദരമായൊരു വ്യവസ്ഥിതി ഞാൻ ലോകത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ല കാരണം ഇത് ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ചിട്ടാണ് വെസ്റ്റിലൊക്കെ പോയാൽ കറുത്തവൻ വെളുത്തവൻ തൊലിയുടെ നിറം നോക്കിയിട്ടാണ് CLASSIFICATION അടിമകളാക്ക എത്ര നീഗ്രോസിനെയ അടിമകളാക്കലും മറ്റുമൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നത് അത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ ഇവിടെ ഋഷികൾ ഒരിക്കലും ചെയ്തില്ല ഉത്കൃഷ്ടമപകൃഷ്ടം എന്ന് പോലും ഇല്ലാതെ അവരവരുടെ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ഭേദമായിരുന്നു അത് മനുഷ്യരിൽ സഹജമായിട്ടുള്ള അജ്ഞാനം കാരണം അതുവരെ ഇതുവരെ ഞാൻ ഉയർന്നവൻ താഴ്ന്നവൻ എന്ന് തോന്നി എന്നല്ലാതെ ഈ ക്ലാസിഫിക്കേഷൻ വ്യവഹാരത്തിന് വേണ്ടി മാത്രമാണ് പക്ഷേ എന്ത് വ്യവഹാരത്തിന് എന്ത് ക്ലാസിഫിക്കേഷൻ ആയാലും അതിലൊക്കെ നമുക്ക് ഐഡന്റിഫിക്കേഷൻ വന്നു പോവും അതിലൊക്കെ നമ്മൾ താതാത്മ്യപ്പെട്ടു പോവും സ്കൂൾ ടീച്ചർമാരായിട്ട് ചിലർ റിട്ടയർമെന്റ് വരെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് അത് കഴിഞ്ഞു പഠിപ്പിക്കാതിരിക്കാൻ പറ്റില്ല വീട്ടിൽ വന്നാലും പഠിപ്പിക്കും ഐഡന്റിഫിക്കേഷനാണ് അത് വിട്ടുപോകില്ല അതേപോലെ എന്ത് പ്രൊഫഷനാണെങ്കിലും ആ പ്രൊഫഷന്റെ ചില ഭാവങ്ങൾ മിലിട്ടറി റിട്ടയേർഡാണെങ്കിൽ അവർക്ക് എൺപത് തൊണ്ണൂറ് വയസ്സായാലും അപ്പോഴും അവരുടെ വിചാരം അവർ മിലിട്ടറിയിലാണെന്നാണ് അവർക്ക് അതേ ഭാവത്തോടെ അവർ പെരുമാറുകയുള്ളൂ എല്ലാത്തിലും നമുക്ക് താതാത്മ്യം വന്നു പോവും അത് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല അപ്പോ ഭേദബുദ്ധികളൊക്കെ നീങ്ങണം എന്നാലേ പൂർണ്ണ ശാന്തി ഉണ്ടാവുള്ളൂ എങ്ങനെ നീങ്ങും നമ്മളിൽ നീക്കണം സമൂഹത്തിലല്ല ഇതൊന്നും സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല ഞാനാണ് സമൂഹം നിങ്ങൾ ഓരോരുത്തരുമാണ് സമൂഹം അല്ലാതെ സമൂഹത്തിനെ ഡൂസ് ആൻഡ് ഡോൺസ് എഴുതി കൊടുത്തിട്ട് മാറ്റുക എന്നുള്ളൊന്നും സാധ്യമേ അല്ല നമ്മളുടെ വെറും വിഡിത്തമാണ് നമ്മളുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മുഴുവൻ ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ സമൂഹത്തിലെ ഒരു കാര്യം ഇപ്പൊ ഞാൻ പറയണത് ഇംപ്രാക്ടിക്കലാണ് ഇനി മാറ്റാനൊന്നും പറ്റില്ല സ്കൂളുകളെ പാടില്ല ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റില്ല എല്ലാം സ്വതന്ത്രമാണ് എല്ലാം സ്വതന്ത്രമാണ് ഓരോ ജീവനും സ്വതന്ത്രമാണ്